യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുന്ന ദൈവവചനങ്ങൾ ആ സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുന്ന ദൈവവചനങ്ങൾ കേട്ട് എനിക്കും അത് ഉത്സാഹം പകർന്നു പ്രത്യേകിച്ച് ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷവും ആ മഞ്ഞിലും തണുപ്പിലും നിന്നുകൊണ്ട് ശിഷ്യന്മാർക്കായിട്ട് കാത്തു ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ ആ സ്നേഹം അത് നമ്മെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷനായത് മക്തൽക്കാരത്തി മറിയക്കാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതിനുശേഷം രണ്ടാമത് പ്രത്യക്ഷനായത് നമ്മൾ ഒരിക്കൽ ഇതിനെക്കുറിച്ച് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടാമത് പ്രത്യക്ഷമായതിനെക്കുറിച്ച് നമ്മളിവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസ് എഴുതിയ സേഷൻ ഇരുപത്തി ഇരുപത്തി നാലാം അധ്യായത്തിൽ ലൂക്കോസ് ഇരുപത്തി നാലിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഗ്ലൂക്കോസ് ഇരുപത്തി നാലിൽ നമ്മൾ വായിക്കുന്നത് അവിടെ പതിമൂന്നാം വാക്യം യേശു ക്രിസ്തു മരിച്ച് യേശു അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവർ വളരെ ഒരുതരം ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു മറ്റ് ശിഷ്യരും അവരൊക്കെ ആകെ നമ്മൾ നേരത്തെ യോഹനാനിൽ വായിച്ചു ഞങ്ങൾ ഇനി മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പത്രോസും ശിഷ്യന്മാരും എല്ലാവരുടെയും ഉള്ളിൽ ഒരുതരം നിരാശയും മടുപ്പും ആകെ ഒരു തിരിച്ചടി ഏറ്റതുപോലെ യേശു രാജാവായി യേശു എല്ലാറ്റിനെയും വരും എന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഇതാ ആകെ ഒരു നിരാശയുടെ മ്ലാനതയുടെ ഒരു അവസ്ഥ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വായിക്കുന്നത് പതിമൂന്നാം വാക്യം അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരുസ്ലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എംമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഈ രണ്ട് പേര് അവർ എരുസലേമിൽ നിന്ന് അവർ അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് ഏഴ് നാഴിക ദൂരമുള്ള എംമാവസ്ഥയിലേക്ക് എം്മാവസ്ലേക്ക് പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ ഇവിടെയും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ പോയ ഒരാളിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പേര് അവിടെ ക്ലയോപ്പാവ് എന്നാണ് എന്ന് നമ്മൾ അതിൻ്റെ താഴെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മറ്റേയാളാരാണ് എന്നവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാനിന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ കേട്ടതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ചൂടുള്ള യേശുവിനെ പിൻപറ്റിക്കൊണ്ടിരുന്ന സ്വന്തം ഗ്രാമത്തിൽ നിന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ഗരിശലേമിലേക്ക് ചെന്ന് യേശുവിനോടുകൂടെയുള്ള നിന്നയും പാടുകളുമൊക്കെ സഹിച്ച് ആ ക്രൂശിൻ്റെ മധ്യത്തിൽ ആ അനുഭവത്തിലൂടെ കടന്നുപോയി കർത്താവിനെ ആത്മാർത്ഥമായിട്ട് പിൻപറ്റുവാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ ശിഷ്യരായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇത് ആകെ നിരാശയും മടുപ്പും യേശു മരിച്ചു ഇനി എങ്ങോട്ട് മുമ്പോട്ടൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ നിസ്സഹായരായി നിരാശരായി മ്ലാനരായി ഞാനിനും തിരിച്ചു പോകുന്നു നേരത്തെ പത്ര ദിവസവും പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു ഇവർ പറഞ്ഞു ഞങ്ങൾ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ എം ഹൗസിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ അവർ നമ്മൾ ആ നമ്മൾ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവർ വാടിയ മുഖത്തോടെ നിന്നു എന്ന് നമ്മളവിടെ കാണുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന ഈ രണ്ടാളുകൾ ആ രണ്ടാളിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവാണ് നമ്മൾ യോഹന്നൻ പത്തൊമ്പതാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ മറ്റേ വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ചൊരു സൂചന നമുക്ക് അവിടെ ലഭിക്കും യോഹനൻ പത്തൊൻപതാം അധ്യായം അവിടെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ യേശുവിൻ്റെ ക്രൂശിനരികെ നിൽക്കുന്ന ചിലരെ അവിടെ നമ്മൾ വായിക്കുന്നു ഇരുപത്തിയഞ്ചാം വാക്യം യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യയും അറിയുകയും മക്നലക്കാരത്തെ അറിയുകയും നിന്നിരുന്നു അപ്പോൾ അവിടെ ക്രൂശിനരികെ യേശുവിൻ്റെ അമ്മ അമ്മയുടെ സഹോദരി പിന്നെ അവിടെ പറയുന്ന ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ മഗ്നലക്കാരത്തി മറിയ അപ്പോൾ ഏകദേശം മൂന്ന് മറിയമാർ തന്നെയുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ ക്രൂശിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും അവിടെ ക്രൂസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ലുക്കോസിൽ നമ്മൾ വായിക്കുന്നത് ഈ തിരിച്ച് പോയപ്പോൾ അവർ ഏഴ് നാരി ദൂരമുള്ള എം എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അതിലൊരാളിൻ്റെ പേര് ക്ലയോപ്പാവ് എന്നാണ് അപ്പോൾ ക്ലയോപ്പാവ് പോകുമ്പോൾ തീർച്ചയായിട്ടും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ അവിടെ ക്രൂസിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ക്ലയോപ്പാവ് ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഭർത്താവും ഭാര്യയും ആണിത് ഭർത്താവും ഭാര്യയും അവർ നിരാശപ്പെട്ട് ഞങ്ങൾ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് പിൻപറ്റാനായിട്ട് കർത്താവിൻ്റെ പുറകെ പോയി എന്നാൽ ഇപ്പോൾ ഭർത്താവും ഭാര്യയും കൂടെ അവർ കപ്പിൾ അവരങ്ങ് മടുത്തു നിരാശപ്പെട്ട് അവരെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ പോകും അവർ ഭർത്താവും ഭാര്യയുമാണ് എന്നുള്ളതിന് അവിടെ മറ്റ് ചില സൂചനകളും കൂടെ ഉണ്ട് ഒരു വീട്ടിലേക്കാണ് അവർ പോയത് അവർ വീട്ടിനകത്ത് ചെന്നിട്ടാണ് അവരപ്പം നുറുക്കുന്നത് അപ്പോൾ അവർ തിരിച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ അവരൊന്നുകിൽ സഹോദരന്മാരോ ആയിരിക്കണം അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയുമായിരിക്കണം അപ്പം അതുകൊണ്ട് അവർ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ യേശുവിനെ അവര് ഭക്ഷണത്തിന് വിളിക്കുന്നു അപ്പം അതുകൊണ്ട് എല്ലാ രീതിയിലും ഇത് ക്ലേയോപ്പാവും തൻ്റെ ഭാര്യയും അറിയുകയും അവര് ഒരു യേശുവിൻ്റെ സ്നേഹത്താൽ ചൂട് പിടിച്ച് ആ യേശുവിനെ പിൻപറ്റുവാനായിട്ട് ആളുകളുടെയൊക്കെ എതിർപ്പും ഒക്കെ അവഗണിച്ച് അവർ ആ എരിസ്ലീമിൽ ക്രൂസിൻ്റെ അടുത്ത് നിന്നതാണ് എന്നാൽ ഇപ്പോൾ അവരാകെ നിരാശപ്പെട്ട് മടുത്തിരിക്കുന്നു അപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ഉത്സാഹിപ്പിക്കുന്നു ഒരു പക്ഷേ ഇവിടെയും ഉള്ള നമ്മിലുള്ള ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദമ്പതിമാര് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് ഇന്ന് ഇപ്പോ മടുത്തിരിക്കുന്നു നിരാശപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉള്ളിലെ ചൂട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതാ പുറകോട്ട് പോകുന്നു എന്ന് പറയുമ്പോ ആ എന്നാ പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു കർത്താവല്ല ഇവിടെ ഇതാ കർത്താവ് ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വായിക്കുമ്പോൾ അത് എത്ര നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു ഇതാ അവര് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് വേണ്ടി രാത്രി മുഴുവൻ കാത്തുനിൽക്കുന്നു ഒരു കാലത്ത് കർത്താവിനെ കർത്താവിൻ ദൈവത്തെ എൻ്റെ വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ച മക്നലക്കാരത്തി മറിയ അവൾ കർത്താവിനെ സ്നേഹിച്ചു ആ കർത്താവിനെ സ്നേഹിച്ച അവൾക്ക് ആദ്യം പ്രത്യക്ഷയായി അതുകഴിഞ്ഞത് രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് കർത്താവിന് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് രണ്ടാമത് വന്ന് പ്രത്യക്ഷനാകുന്നത് ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്ന മടുത്തിരിക്കുന്ന പുറകോട്ട് പോകുന്ന പിന്മാറ്റത്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദമ്പതിമാരെ തേടി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് തിരികെ ചെല്ലുന്നു നമുക്കും നമ്മുടെ ഉള്ളത്തിലേക്കും ആ രീതിയിൽ ഇന്ന് നമ്മളെ മടുത്തിരിക്കുന്നു നമ്മളെ തണുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതൊരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ അത് ഒരു കുടുംബമാകട്ടെ അല്ലെങ്കിൽ ഒരു ഹസ്ബൻ്റും വൈഫും ആകട്ടെ ഒരു പക്ഷേ കുറെ കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മ ലഭിച്ചില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന് മുമ്പിലായിരിക്കാം ചില തിരുത്തലുകൾ അല്ലെങ്കിൽ ചില നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവരെ സംബന്ധിച്ചോളം അങ്ങനെയായിരുന്നു അവർക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ നമ്മളെ നമ്മൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും മടുപ്പുകളുമൊക്കെ വന്നു അതിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളത്തിലൊരു ചൂടില്ല എന്ന് പറയുമ്പോൾ അവിടെ വന്ന് നമ്മുടെ ഉള്ളത്തെ ചൂട് പിടിപ്പിക്കാനായിട്ട് നമ്മെ തേടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ നിൽക്കുന്നു അപ്പോൾ വാടി മുഖത്തോടു കൂടെ നിന്നു എന്ന് നമ്മൾ പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിനുശേഷം നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നു അവൻ മോശം തുടങ്ങി പ്രവാചക സകല പ്ര ഇരുപത്തിയേഴാം വാക്യം സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു മുപ്പത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളത്തെ ചൂടുപിടിപ്പിച്ചു അവരുടെ ഉള്ളത്തിന് ഒരു കത്തലുണ്ടാക്കി അവരുടെ കണ്ണിന് മങ്ങിയിരുന്ന കണ്ണുകൾ തുറന്നു അവരേശുവിനെ തിരിച്ചെറിഞ്ഞു മുപ്പത്തിയൊന്നാം വാക്യത്തിൽ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു യേശുവിനോട് എന്നിട്ട് നമ്മൾ ഏറ്റവും വളരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം മുപ്പത്തി മൂന്നാം വാക്യത്തിലാണ് അവർ ഏഴ് നാഴിക ദൂരം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര മൈ എത്ര മൈലാണ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ പതിമൂന്നോ മൈൽ ദൂരം അപ്പോൾ അത്രയും അവരവിടെ ചെന്നു അവർ ചെന്നു വീട്ടിൽ കയറി അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് തണുത്തിരുന്ന ഉള്ളം ചൂടുപിടിച്ചു ചൂട് പിടിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞു അവരുടെ കണ്ണ് തുറന്നു തുറന്നു കഴിഞ്ഞ് അവർ മുപ്പത്തിമൂന്നാം വാക്യം അവരുടെ ഉള്ളം ചൂടുപിടിച്ചപ്പോൾ അവർ ഉടനെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പോൾ അവര് അവിടെ വന്ന് അവിടെ വന്ന് താമസിച്ച് വേണ്ടി വന്നതാണ് പക്ഷെ അവർ ആ നാഴിക തന്നെ തിരിച്ച് എരുസലേമിലേക്ക് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് കർത്താവെ ഞാനിങ്ങനെ മടുത്ത് ഇരിക്കാനായിട്ടല്ല അങ്ങ് ആഗ്രഹിക്കുന്നത് ക്രൂസിൻ്റെ വഴിയെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയെ മുമ്പോട്ട് പോകുവാൻ നമ്മളിന്ന് കേട്ടതുപോലെ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ എൻ്റെ സ്വയത്തെ നിഷേധിച്ച് എന്നെ എന്തിനാ ഈ വ്യക്തി ഇങ്ങനെ പറയുന്നുവെന്ന് പറഞ്ഞ് ഞാനെന്തിനാണ് മടുത്തിരിക്കുന്നത് എൻ്റെ സാഹചര്യം ഇങ്ങനെ മാറുന്നില്ല അങ്ങനെയാണ് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാനെന്തിനാണ് അടുത്തിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം എന്തിനാണ് ഞാൻ തണുത്തു ഞാൻ എന്തിനാ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളത്തെ ചൂട് പിടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കർത്താവിൻ്റെ പർപ്പസിലേക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം അപ്പോൾ അവർ തിരിച്ചൊരു സിലിമിലേക്ക് പോയി അവിടെ വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണണം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബമോ ഇന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുവാൻ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ ഉപേക്ഷിച്ച് കളയുന്നില്ല നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ഉൾ നമ്മോട് ചേർന്ന് നടന്ന് നമ്മോട് സംസാരിച്ച് നമ്മുടെ ഉള്ളത്തെ ചൂടുപിടിപ്പിച്ച് നമുക്ക് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെയാണ് കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് അപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചില കാര്യങ്ങൾ അപ്പം തന്നെ തവ ഞാൻ കാത്തിരിക്കുന്നില്ല ഞാനിപ്പോൾ തന്നെ ഞാൻ എരിശിലേക്ക് ഞാൻ തിരികെ പോകാൻ ഞാൻ തയ്യാറാണ് ഞാനിപ്പോൾ തന്നെ ഈ കാര്യം ഞാൻ തയ്യാറാണ് ഇപ്പം തന്നെ ഞാൻ ഈ കാര്യത്തിലേക്ക് അങ്ങയുടെ ഹിതത്തിലേക്ക് ഞാൻ തിരികെ വരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ തിരികെ പോകുന്നു ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ വീണ്ടും നിറവേറുന്നു നമുക്ക് ആ രീതിയിൽ നമ്മെ തന്നെ ദൈവവചന കേൾവിയുടെ മുമ്പാകെ നമ്മുടെ നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവം നമ്മോട് സംസാരിച്ച് ഇടപെട്ട് നമ്മുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിച്ച് നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത് ഏറ്റെടുക്കുകയും നമുക്ക് കർത്താവിൻ്റെ പദ്ധതിയിലേക്കും ഹിതത്തിലേക്കും നമുക്ക് തിരികെ പോവുകയും ചെയ്യാം ദൈവം നമ്മെ സഹായിക്കുന്നു